വ്യാധിക്കൊക്കെ പരിഹാരം കാണുന്നുണ്ട് അല്ലേ വൃദ്ധനായാലും യുവാവായാലും ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ ജനനമില്ല മരണമില്ല ഉറക്കത്തില് ശരീരമില്ല നമ്മള് ദിവസം അനുഭവിക്കുന്നു എത്ര മഹാവ്യാധി പിടിച്ച ആളായാലും മരിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നുമില്ല സുഖമുണ്ട് അവിടെ ആ സുഖം എവിടുന്ന് വന്നു ആ സുഖം രണ്ട് കാര്യം കാണിച്ചു ഒന്ന് ആ സുഖം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെന്നും രണ്ട് നിർവിശേഷമാണോന്നും കാണിച്ചു തോന്നുന്നു അതായത് അൺകണ്ടീഷണൽ ആണ് നമുക്ക് ശരീര സംബന്ധമില്ലാതെ അസുഖം വരുന്നു ലോകത്തില് സാധാരണ ശരീരം കൊണ്ടാണോ സുഖം വരിക മനസ്സുകൊണ്ടാണോ സുഖം വരിക എന്ന് ധരിച്ചു വെച്ചിരിക്കുക നമ്മള് ദിവസം ഉറക്കത്തിൽ ശരീരത്തിനെയും മനസ്സിനെയും മാറ്റിവെച്ചിട്ട് സുഖമായിട്ടിരിക്കണം എല്ലാവർക്കും ഇഷ്ടമുള്ള സുഖമാണ് ദിവസം എഴുന്നേറ്റാൽ ഒത്തിരി നേരം കൂടെ വേണ്ടി കെട്ടിയാ വേണ്ടില്ലാന്ന് തോന്നുന്നു ഗോ അതിലേക്ക് തിരിച്ചു പോവാനുള്ള വാഞ്ച ഉണ്ട് അവിടെ ഞാനില്ലാതാവണം ശരീരമില്ലാതാവുന്നു മനസ്സില്ലാതാവുന്നു നിരതിശയമായ സുഖമുണ്ട് ആ നിരതിശയമായ സുഖം ആദിയും അന്തവുമില്ലാത്തതാണ് അഹരഹർ ഗന്തിയോ ന വിദന്തി ശ്രുതി പറയണത് ദിവസം അവിടേക്ക് പോകണുണ്ട് അഹരഹർ ഗന്തി തത്ര നവിദ് അപ്പോഴും കിട്ടണില്ല എന്നാണ് ദിവസം അങ്ങോട്ട് പോയിട്ടും ദിവസം അവിടെ പോവുകയും വരികയും ചെയ്യുന്നു അതിന് ഉപനിഷത്ത് പറയുന്ന ഒരു ഉദാഹരണം നല്ല സ്വർണ്ണഖനിയുടെ മേലെ കൂടെ അങ്ങിടും ഇങ്ങിടും അങ്ങിടും ഇങ്ങിടും നടന്നിട്ട് ഭിക്ഷ ചോദിക്കാം ചോട്ടലുണ്ട് ഇയാൾക്കതെങ്ങനെ എടുക്കണമെന്ന് അറിയണില്ല അതിനെ ബ്രഹ്മമെന്ന് പറയുന്നു അനാദിമത് പരം അതിനെ അറിഞ്ഞാലോ എ ജ്ഞാത്വാ അമൃതമശ്ണുതേ മരണമില്ലായ്മയെ അനുഭവിക്കും മരണമില്ലെന്ന പ്രത്യഭിജ്ഞ ഉണ്ടാവും അതിനെ പറഞ്ഞുതരാം കേട്ടുകൊള്ളുക അമൃതത്വ ഫലം ജേയം മയാ ഉച്ച പ്രരോചനേനെ അഭിമുഖീകൃത്യ ആഹ ന സത്ത് തത്ത് ജേയം ഉച്ചത്തെ നസത്ത് തത്ത് ഉച്ചണു മഹതെ അസത്ത് സത്ത് ഉള്ളത് ഇല്ലാത്തതിനൊക്കെ അപ്പുറമുള്ളതാണ് എന്നുവെച്ചാൽ മാനസികമായി ഉള്ള ചിന്തകൾക്കൊക്കെ അപ്പുറം ഉള്ളതാണോ ഇന്നലെ പറഞ്ഞല്ലോ ഓർമ്മിക്കുക മറക്കുക എന്നുള്ള പ്രക്രിയകൾ പോലും ബോധത്തിൽ ഒരു ചലനം മാത്രമാണ് അതുകൊണ്ട് നിത്യനിരന്തരമായ ഭഗവത് സ്മൃതി എന്നുള്ളത് മനസ്സുകൊണ്ട് ഉണ്ടാവില്ല മനസ്സുകൊണ്ട് എത്ര നേരം നിങ്ങൾ സ്മരിക്കും ശ്രമിച്ചു നോക്കൂ സാധ്യമല്ല മനസ്സുകൊണ്ട് കുറച്ചുനേരം വിചാരിക്കാം പിന്നെ മനസ്സ് വേറെ എവിടെയും പോകും നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് മനസ്സുകൊണ്ടാണ് ഭഗവാനെ സ്മരിക്കേണ്ടത് എന്ന് മനസ്സില്ലാതാവുമ്പോ എന്തുണ്ടോ അതാണ് ഭഗവാന്റെ സ്വരൂപം അത് മനസ്സുള്ളപ്പോഴും ഉണ്ട് മനസ്സിന് പുറകിൽ സദാവുണ്ട് ബോധജന്യസ്മൃതി ക്രിയാജന്യസ്മൃതിയല്ല സംബന്ധജന്യസ്മൃതിയല്ല ചിലതൊക്കെ നമുക്ക് ചെയ്യുമ്പോ ഓർമ്മ വരും ക്രിയാജന്യസ്മൃതി ചിലത് അവരെ കാണുമ്പോ സംബന്ധം ഉണ്ടാവുമ്പോൾ ഓർമ്മ വരും ഭഗവാൻ അങ്ങനെ ഓർമ്മിക്കേണ്ട ആളല്ല അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ലൗകികമാണ് വിഷയമാണ് അതൊക്കെ തൽക്കാലത്തേക്ക് നിൽക്കുകയും പോവുകയും ചെയ്യും ബോധജന്യ സ്മൃതി നമുക്ക് സദാ ഉള്ളതാണ് അത് പ്രത്യപിജ്ഞ കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പോവില്ല കണ്ടു എന്റെ ഉള്ളിൽ അതിപ്പോഴും ഉണ്ട് ഇവിടെ ഇപ്പം ഉണ്ടെന്ന് കണ്ടു ഞാൻ ഇപ്പൊ സിദ്ധമാണത് എന്നിലിതാ ഇരിക്കണോ അത് അതിലാണ് ഞാനിരിക്കുന്നത് അതിലാണ് നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നത് അതാണ് എന്റെ സ്വരൂപം അതെന്നിൽ അനുഭവ രൂപത്തിൽ ബോധരൂപത്തിൽ ഇരിക്കുന്നു അതിലാണ് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന അവസ്ഥകളൊക്കെ വരികയും പോവുകയും ഒക്കെ ഈ അവസ്ഥകളൊന്നും അതിന് തൊടുന്നുലില്ല അവസ്ഥകളൊക്കെ തന്നെ വരും പോകും ഇപ്പൊ കൊണ്ടൊക്കെ എന്തെങ്കിലും അവസ്ഥ വന്നാൽ ആ അവസ്ഥ പോകും എന്തൊക്കെ അവസ്ഥകൾ ഭജന പാടുമ്പോ ചിലർക്ക് അവസ്ഥകളൊക്കെ വരും അവസ്ഥ പോകും തന്നെ പോകും എന്തും മാനസികമായി നേടുന്നതൊക്കെ വരവും പോക്കുള്ളതാണ് ശാരീരികമായി നേടുന്നതും വരവും പോക്കുള്ളതാണ് ബൗദ്ധികമായി നേടുന്നതും വരവും പോക്കുള്ളതാണ് സത്യം നേടേണ്ട സാധനമേ അല്ല ഈ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടുന്നവരെ ഇതറിയുന്നവരെ നിങ്ങൾ എന്ത് ചെയ്തോളൂ തലകുത്തി നിന്നോളൂ നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ വരവും പോകും ചെയ്യും ന ഉത്പാദ്യം ന ആപ്യം സംസ്കാര്യം ആചാര്യസ്വാമിയോ അതൊക്കെ ഓരോന്നായി എടുത്തു പറയണം അത് ഉത്പാദിപ്പിക്കേണ്ടതല്ല നേടിയെടുക്കേണ്ടതല്ല സംസ്കരിച്ചെടുക്കേണ്ടതല്ല ഉണ്ട് ഇപ്പൊ ഇവിടെ അശ്രദ്ധ കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയതാണ് ഇത് വലിയ ഫിലോസഫിയോ വലിയ ഫിലോസഫിയൊന്നുമല്ല ഇത് വലിയ ഫിലോസഫിയാണെന്നും നിങ്ങൾക്ക് തോന്നണം കാരണം അങ്ങനെ തോന്നണമുണ്ടെങ്കിൽ അത് നമ്മളുടെ ബുദ്ധിയിൽ വേറെ ഒരുപാട് കുപ്പ കയറ്റി വെച്ചതുകൊണ്ടാണ് ഫിലോസഫി ഒന്നുമല്ല സിദ്ധം സുലഭം സരളമായി സത്യം ആ ശ്രദ്ധിച്ചാലോ നമുക്ക് സിദ്ധമാണ് കിട്ടിയിരിക്കും ശ്രദ്ധ മാത്രമേ പറയണുള്ളൂ ശ്രദ്ധസ്വനഖ ശുദ്ധബുദ്ധി രസി ചേത്ത് മാത്രാസ്തുതേ സംശയ എന്ന് ആചാര്യസ്വാമികളോട് പറയണ്ട കുഞ്ഞേ നിനക്ക് നീ ശുദ്ധ ശ്രദ്ധിക്കൂ ഇതിൽ സംശയിക്കരുത് നിനക്ക് കിട്ടും എപ്പോഴും ഉള്ളതാണ് സദാ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് അറിഞ്ഞുകൊള്ളൂ എപ്രോക്തം കരുണാവശാത്ത് കാരുണ്യം എന്ന് എന്തോ ഒന്ന് ഉള്ളെന്ന് തള്ളി വന്നിട്ടാണോ ഞാൻ പറയണത് വേണമെങ്കിൽ കേട്ടോളൂ കുഞ്ഞേ എടുത്തോളൂ ഇതിപ്പോ തന്നെ കിട്ടിയിട്ടുള്ളതാണ് അത് കിട്ടിക്കഴിഞ്ഞാലോ നിനക്ക് മരണമില്ല ആ ജനനമില്ല ആ വ്യാധിയില്ല അതൊക്കെ ഉണ്ടാവും ശരീരമണ്ഡലത്തിൽ ഉപാധിമണ്ഡലത്തിൽ തന്നെ ഉപാധിവിട്ട് ഓർവത് താൻ ഈശൻ തന്നെ ഉണർവതാം ഉന്തി താനായിരുപ്പതാൽ ഉന്തി തന്നെ ഉപാധിവിട്ട് ഓർവത് ഉപാധിയെ മാറ്റി നിർത്തി തന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ അത് തന്നെ സാക്ഷാത്കാരം അപ്പൊ ഭഗവാനെ തന്റെ സ്വരൂപമായി അകമേക്ക് അറിയുന്നതിനാണ് അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം എന്നൊക്കെ പറഞ്ഞത് അതിനെ തന്നെ അറിയപ്പെടേണ്ട വസ്തു എന്നും പറഞ്ഞു അറിയപ്പെടേണ്ട വസ്തുവിനെ ഉള്ളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നിൽ താനായി കണ്ടാൽ തന്നിൽ പിണഞ്ഞിരിക്കുന്ന അറിവായിട്ട് അതിനെ കണ്ടാൽ ഒരിക്കലും അതിനെ വിട്ട് പിരിയാൻ പറ്റില്ല എപ്പോഴുണ്ടത് അതിന് പിന്നെ പ്രത്യേക സാധനയോ അനുഷ്ഠാനമോ ഒന്നും ഈ ജ്ഞാനത്തിന് വേണ്ട ഈ ജ്ഞാനത്തിന് ചിത്തശുദ്ധി ഉണ്ടാക്കാൻ പ്രത്യേക സാധനയോ അനുഷ്ഠാനമോ ഒക്കെ ഈ ജ്ഞാനം സദാവുള്ളതാണ് എപ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വ്യവഹരിക്കുമ്പോഴും ഒക്കെ ഉണരണമിന്നി ഉറങ്ങണം ഭുജിച്ചീടണം അശനം ഉണരേണമെന്നി വണ്ണം അണയും അനേക വികൽപ്പവാദയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം നാരായണ ഗുരുസ്വാമിയുടെ ശ്ലോകമാണ് അതായത് പ്രത്യേക സാധനങ്ങളൊന്നും വേണ്ട പ്രത്യേക സാധനങ്ങളൊക്കെ ചെയ്താലും സാധന വിട്ടിട്ടോ ഭജനം വിട്ടിട്ടോ പൂജ വിട്ടിട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെയും ഒന്ന് പിടിക്കുമല്ലോ എന്താ പിടിക്കുന്നത് ഉണരണമിഞ്ഞ് ഉറങ്ങണം ഭുജിച്ചീടണം അശനം പുണരേണമെന്നിവണ്ണമണയും അനേക വികൽപ്പങ്ങൾ വികൽപ്പം എന്ന് എന്താ ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ള ഭാവം അപ്പൊ സഹജമായി ശരീരം എന്ത് ജോലി ചെയ്യണോ ആ ജോലി ചെയ്യട്ടെ എന്ത് വ്യവഹരിക്കണോ ആ വ്യവഹരിക്കട്ടെ കോൺസ്റ്റന്റ് വിജിലൻസ് ശ്രദ്ധയോടുകൂടെ ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി നമ്മളുടെ ഉണരലും ഉറക്കവും ഒക്കെ മനസ്സിന്റെ പണിയാണ് ജാഗ്രതും സ്വപ്നവും ഒക്കെ മനസ്സിന്റെ പണിയാണ് അപ്പൊ ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി അതെനിക്ക് മനസ്സിലാവണില്ലല്ലോ അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം പ്രഹ്ലാദന് നാരദോപദേശം കൊണ്ട് സിദ്ധിച്ചത് അതാണ് ഇത്രേ പ്രഹ്ലാദൻ പ്രത്യേകിച്ചൊരു സാധനയും ചെയ്തില്ല ആസീനഹ സംവിഷന് തിഷ്ടയാന എല്ലാം ഇരിക്കലും നടക്കലും മറ്റ് വ്യവഹാരങ്ങളൊക്കെ ചെയ്യുമ്പോഴും ചിന്തയില് ഞാൻ ുന്നു ഞാൻ നടക്കുന്നു ഞാൻ വ്യവഹരിക്കുന്നു എന്നില്ലാതെ ഗോവിന്ദപരിരംഭിതാണ് ഗോവിന്ദനും സദാ പ്രകാശിച്ചു അതൊക്കെ നമ്മൾ കാവ്യാത്മകമായി പറയുമ്പോൾ കുറെ ദൂഷ്യം വരും എന്താ ദൂഷ്യം വരും ഗോവിന്ദ വെച്ചാൽ ഉള്ളുകൊണ്ട് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും എപ്പോഴും കിടക്കാൻ പറ്റില്ല അങ്ങനെ കിടന്നാൽ ഒരു നടക്കില്ല അത് വികാരത്തിനും ഭക്തിക്കുമൊക്കെ കൊള്ളാം പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിന്റെ പ്രയോഗമാണെന്നോ അതൊക്കെ മനസ്സുകൊണ്ടാണല്ലോ ഭാവന ചെയ്യേണ്ടതും ആലിംഗനം ചെയ്യേണ്ടതുമൊക്കെ അതിന്റെ അർത്ഥമതല്ല അഹങ്കാരദിക്കാതെ സദാ ഭഗവത് സാന്നിധ്യത്തിൽ തന്നെ ഇരുന്നു ഭഗവത് സാന്നിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്നർത്ഥം താനെന്ത് വ്യക്തിബോധമില്ല അവിടെ ഭഗവാനേ ഉള്ളൂ അപ്പൊ എന്താ ഇന്ദ്രിയങ്ങളൊക്കെ വ്യവഹരിച്ചു മനസ്സും ലോകത്തിലൊക്കെ ചെയ്യുമ്പോഴും ഭഗവാനാണ് അതിലൂടെ കർത്താവും ഭോക്താവും ജീവനായിട്ട് ഞാനൊരാളില്ല ഭഗവാനാണ് കണ്ണിലൂടെ കാണുന്നത് ഭഗവാനാണ് ചെവിയിലൂടെ കേൾക്കുന്നത് ഭഗവാനാണ് മൂക്കിലൂടെ മണക്കുന്നത് ഭഗവാനാണ് നാവിലൂടെ രുചിക്കുന്നത് ഇതിനെ ഓർമ്മിപ്പിക്കൽ മാത്രമാണ് സനാതനധർമ്മം നമ്മളുടെ വൈദിക സംസ്കാരത്തിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളും ഈ സെന്ററിൽ നിന്നുകൊണ്ടാണ് ബ്രഹ്മയജ്ഞവും സന്ധ്യാവന്തനവും പ്രാണാഗ്നിഹോത്രവും ഒക്കെ സദാ നമ്മളെ എങ്ങനെയെങ്കിലും ഇത് ഓർമ്മിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഊണ് കഴിക്കുമ്പോൾ പരിശോധനം ചെയ്ത് ആഹുതി അർപ്പിക്കുന്നതൊക്കെ ഭഗവാൻ ഉള്ളിലുണ്ട് ആ ഭഗവാൻ അപ്പൊ ആരാ ഊണ് കഴിക്കുന്നത് ഞാനല്ലേ ഞാൻ ഊണ് ഭോഗമായി പോകും ഭഗവാന് ഭോഗം കൊടുത്താൽ യോഗമായി പോകും ഞാൻ ഉറങ്ങിയാൽ ഭോഗമായി പോകും ഭഗവാനെ ഉറക്കിയാൽ വൈഷ്ണവ സമ്പ്രദായത്തില് ഭഗവാന് ഡോളോത്സവം ചെയ്യാന്നൊക്കെ ഉണ്ട് അത് ബാഹ്യമായി ചെയ്താൽ പോരാ ഇവിടെ ഈ ശരീരം കിടക്കാൻ പോകുമ്പോ നിദ്രാസമാധിസ്ഥിതി ഞാനെല്ലാം ഉറങ്ങുന്നത് ഉറക്ക രൂപത്തിൽ ഭഗവാൻ ഇനി ആവിർഭവിക്കുകയാണ് എന്നുള്ള പ്രത്യവിജ്ഞ ഉണ്ടാവണം അപ്പൊ ഉറക്കം എന്റെ പ്രക്രിയയല്ല ഭക്ഷണം എന്റെ പ്രക്രിയ അല്ല മലവിസർജനം എന്റെ പ്രക്രിയ അല്ല എല്ലാത്തിനും ഉപനിഷത്ത് വരണ്ട് വിസർഗയതി പായോ ഒന്നും നല്ലത് ചീത്താന്നൊന്നുമില്ല അതും ഭഗവാന്റെ പ്രക്രിയയാണ് അപ്പൊ ചുരുക്കത്തിൽ എന്താ ഓറിയോ ഈഗോവിന്റെ സ്ട്രെയിനും സ്ട്രെസ്സും കുറയും അഹങ്കാരത്തിന്റെ പിടി കുറയും അന്തര്യാമിയുടെ പിടി മുറുകും അന്തര്യാമി ഉള്ളില് നമ്മളെ പിടിച്ചോളും ഇപ്പൊ ഈ അഹങ്കാരം പിടിക്കുന്നത് കൊണ്ട് അന്തര്യാമി പിടിക്കുന്നില്ല അതാണ് കുഴപ്പം ശരീരത്തിനെയും ഭഗവാന് കൊടുത്തു മനസ്സിനെയും ഭഗവാൻ കൊടുത്തു അതിനു പറഞ്ഞാൽ ആവിർഭവിക്കുന്ന ഉറക്ക രൂപത്തിലുള്ള അവ്യക്തത്തിനെയും ഭഗവാൻ കൊടുത്താൽ ഞാൻ സ്വതന്ത്രനായി അങ്ങനെ തന്നിൽ കണ്ടാൽ പിന്നെ ഒക്കെ എന്താ എന്റെ ഉള്ളിൽ ഉള്ളതാണല്ലോ ഞാൻ ബാക്കിയുള്ളവരിലും കാണുന്നത് അപ്പൊ എന്റെ ഉള്ളില് എന്ത് കണ്ടു അത് പിന്നെ എല്ലാവരുടെ ഉള്ളിലും അടുത്ത ശ്ലോകത്തിൽ പറയണം അപ്പോഴാണ് വിരാട് ദർശനം ഉണ്ടാവുക സർവപ്രാണികളുടെ ശരീരവും ഭഗവത് ശരീരമാണെന്നുള്ള ബോധം ഉണ്ടാവുക അതാണ് അടുത്ത ശ്ലോകം നോക്കുക തോക്ഷിശിമുഖ്രുതിമല്ലോകൃത്യ തിഷത്തി പാണിപാദം പ്രാണ പാണയർ പാണിപാതം എല്ലായിടത്തും എല്ലാ കയ്യും എല്ലാ കാലും ആ ഭഗവാന്റെ ആണ് എന്തുകൊണ്ടാ എല്ലാ ശരീരത്തിനെയും ചലിപ്പിക്കുന്നത് വിരാട് പുരുഷനായ ഭഗവാനാണ് ഒരു കയ്യിലൂടെ ഭക്ഷണം തരണത് ഭഗവാനാണ് ഋഷികേശില് ശിപായി ലഹന കാലത്ത് ഒരു മഹാത്മാവിനെ ആരോ കത്തിക്കൊണ്ട് കുത്തി അദ്ദേഹം പറഞ്ഞവിടെ വീണു ഭിക്ഷയെടുക്കാൻ പോയ സ്ഥലത്ത് കുറെ സ്വാമിമാരൊക്കെ കൂടെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചു പതുക്കെ പ്രജ്ഞ കണ്ണു തുറന്നപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞങ്ങളെ മനസ്സിലാവുണ്ടോ ചോദിച്ചു അടുത്തുള്ളൊരു സന്യാസി മനസ്സിലാവേണ്ടത് നന്നായിട്ട് മനസ്സിലാവേണ്ടു ആരെയാണോ ഏത് ഭഗവാനാണോ എന്നെ കുത്തിയത് ആ ഭഗവാൻ തന്നെ എന്റെ മുമ്പിലിരുന്നപ്പോ ശുശ്രൂഷ ചെയ്യണം എല്ലാവരെയും അവന്റെ കഴിയാണ് എല്ലാകാലും അവന്റെ കാലാണ് എല്ലാ തലയും അവന്റെ തലയാണ് സഹസ്രശീരുഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വത്തോ വൃത്വാ അത്യതിഷ്ടശാങ്കുലം എന്ന് വേദമന്ത്രത്തിലെ വെറും വാച്യാർത്ഥമെടുത്താൽ ഒരു ചിത്രകാരനെ വിളിച്ചിട്ട് എണ്ണി ആയിരം തല വരച്ചാൽ സഹസ്രശീരുഷാ പുരുഷാവല ആയിരം കണ്ണുകൾ എന്ന് വിച സഹസ്രാക്ഷ ആയിരം തലയ്ക്ക് ആയിരം കണ്ണുകൾ വെച്ചാൽ എന്താവും ഓരോ കണ്ണും ഓരോ തലയ്ക്ക് അധ്യാത്മമണ്ഡലത്തിനെയൊക്കെ നമ്മളുടെ ബുദ്ധിക്ക് കൊണ്ടുവന്നാൽ വൃത്തികേടാവും സഭൂമിം വിശ്വത്തോ വൃത്വാ അത്യതിഷ്ടദശാങ്കുലം ഭൂമിയെയും വിശ്വത്തിനെയും അതിക്രമിച്ച് പത്തങ്കുലം അതിക്രമിച്ചു നിൽക്കണു എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കിയിട്ട് ഒരു പത്തങ്കുലം അതിക്രമിച്ചു ഒരു വിഷ്ണുവിനെ വരച്ചു വെച്ചാൽ കോമാളിത്തരവാവും അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാവും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇപ്പൊ ആര് പറഞ്ഞു ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി ഒന്നാം ക്ലാസ് കുട്ടി എനിക്ക് മനസ്സിലാവണ പോലെ പറഞ്ഞു തരുമെന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊടുക്കാൻ പറ്റോ ആവട്ടെ സമയമാവട്ടെ അപ്പൊ പറഞ്ഞുതരാം അല്ല നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ കൊണ്ടുവരാൻ പറ്റുമോ അതുപോലെ പുരുഷന്റെ രൂപം അകമയ്ക്ക് ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനിക്ക് സർവേന്ദ്രിയങ്ങളിലൂടെയും അത് പുറമേക്ക് വിജൃംഭണമാവും മറ്റൊരു സ്ഥലത്ത് പറയുന്നത് പുരുഷയേവേദം വിശ്വം കർമ്മ തപ്പോ ബ്രഹ്മപരാമൃതം ഏതദ്ധ്യോ വേദനിഹിതം ഗുഹാം സോ വിദ്യഗ്രന്ഥിം വികരതീഹ സോമ്യം കുഞ്ഞേ അറിഞ്ഞേ എനിക്ക് പുരുഷയേവേദം വിശ്വം ഈ വിശ്വം പുരുഷനാണ് ഞാൻ ചെയ്യുന്ന കർമ്മം പുരുഷനാണ് പുരുഷയേവേദം വിശ്വം കർമ്മ ഞാൻ തപസ് ചെയ്യുന്നല്ലോ ആ തപസും പുരുഷനാണ് തപ്പോ ബ്രഹ ഉള്ളില് ഞാനെന്ന അനുഭവരൂപത്തിൽ ഏതൊരു അക്ഷരമുണ്ടോ അതു പുരുഷനാണ് പരാമൃതം എവിടെ അതിനെ കണ്ടു ഏതദ്യോവേത നിഹിതം ഗുഹായാം ഹൃദയമാവുന്ന ഗുഹയിൽ നിഹിതമായിട്ട് ഞാൻ ആ പുരുഷനെ കണ്ടു അങ്ങനെ കണ്ടാലോ അവിദ്യഗ്രന്ഥിം വികരതീഹ സോമ്യ അവിദ്യയുടെ കെട്ടു പൊട്ടിക്കും അവൻ അവിദ്യയുടെ കെട്ടു അങ്ങനെ അകമയ്ക്ക് പുരുഷനെ കാണുന്നു കണ്ടവന് സർവവും ആ പരമേശ്വരന്റെ സ്വരൂപമാണ് എല്ലാ പ്രാണികളും ഭഗവത് സ്വരൂപമാണ് സർവതഹ പാണി പാദം തത് സർവതോക്ഷി ശിരോമുഖം എല്ലാ രൂപത്തിലും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനാണ് അപ്പൊ ഭഗവാനാണെന്ന് ആര് പറയണു എന്ന് ചോദിച്ചാൽ അപ്പൊ വേണമെങ്കിൽ ഭക്തിക്ക് വേണ്ടി എനിക്ക് പറയാം ഞാൻ എന്ന അഹങ്കാരമാണ് പറയണത് അഹങ്കാരം ജ്ഞാനയിൽ പരിപാകപ്പെട്ട് ശരീരത്തിന്റെ പ്രാരബ്ധം കഴിയുന്നവരെ അതൊരു ദഗ്ധപടം പോലെ നിന്നിട്ടാണ് ഈ ജ്ഞാനത്തിനെയൊക്കെ ആസ്വാദിക്കുന്നതെന്ന് വേണമെങ്കിൽ വെച്ചുകൊള്ളാം പരിപാകപ്പെട്ട് എന്റെ അഹങ്കാരം ഉള്ളിലുള്ള തത്വത്തിനെ ഗ്രഹിച്ചിട്ട് അതിനു പുറകിലിരിക്കുന്ന പരമപുരുഷനെയും കാണുന്നു മറ്റുള്ളവരെയും കാണുന്നു അപ്പോ ഈ അഹങ്കാരത്തിന് ഇനി ഒരു പണിയേ ഉള്ളൂ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കാം അതാണ് ാമങ്ങളെയൊക്കെ കടന്നിട്ട് അഭിവതന് യഥാസ്തേ എല്ലാം ബ്രഹ്മമാണെങ്കിൽ ആരും നമസ്കരിക്കുന്നു ആരാണോ എല്ലാം ബ്രഹ്മമാണെന്ന് അറിയുന്നത് അവനാണ് നമസ്കരിക്കുന്നത് അവൻ ബ്രഹ്മമല്ലേ അവൻ ബ്രഹ്മത്തിൽ ഒരു തോന്നലാണ് അത് ശരീരമുള്ളവരെ ഇരിക്കുന്ന അഹങ്കൃതിയാണ് അതിന് ഭക്തി ചെയ്യാനായിട്ട് ആ അഹങ്കാരം തന്നെ ഭക്തനാണെന്ന് വെച്ചുകൊള്ളുന്നു എന്നിട്ട് താൻ അറിഞ്ഞനുഭവിച്ച ബ്രഹ്മത്തിനെ തന്നെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നു ഇങ്ങനെ അദ്വൈതത്തിന് ഒരു ഭക്തി പരിവേഷം കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാനുഭൂതിക്ക് സിദ്ധിക്കില്ല അപ്പൊ എല്ലാ ശരീരത്തിലും അല്ലെങ്കിൽ എങ്ങനെ പറയും അല്ലെ ഉപനിഷത്തിൽ ഋഷി പറഞ്ഞു ഹേ അവിടുന്നാണെല്ലാം ത്വം സ്ത്രീ ത്വം ഉമാനസിത്വം കുമാര ഉദവാ ം ജീർണോദണ്ഡേന പഞ്ചസിത്വം ജാതോഭവസി വിശ്വതോ മുഖ അവിടുന്ന് സ്ത്രീയാണ് പുരുഷനാണോ കുമാരനാണ് കുമാരിയാണ് വൃദ്ധനായി വടികുത്തി നടക്കുന്നത് അവിടുന്നാണ് എന്നൊക്കെ അലൗകികമായ ദർശനമണ്ഡലത്തിൽ നിന്നും ഋഷി വിളിച്ചു പറയണത് ഏത് ആനന്ദത്തിലാണ് അപ്പൊ സർവതഃപാണിപാതം എല്ലാവരുടെ കാലുമായി ആ ഭഗവാൻ എന്റെ മുമ്പിലിരിക്കും സർവതോക്ഷിശിരോമുഖം എല്ലാവരുടെ കണ്ണുകളിലൂടെയും ആ ഭഗവാൻ കാണുന്നു സർവതശ്രുതിമല്ലോക്കെ എല്ലാവരുടെ ചെവിയിലൂടെയും ഭഗവാൻ ഇരുന്ന് കേൾക്കണം അതുകൊണ്ടാണ് ഭാഗവതം പറയണത് ഭഗവാൻ പറഞ്ഞ് ഭഗവാൻ കേട്ടു എന്നാണ് അല്ലെങ്കിൽ അധ്യാത്മവിദ്യ മനസ്സിലാവില്ല ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പ്രത്യക്ഷമായ വിഷയമല്ലോ അവിടെ പിന്നെ നിങ്ങൾ എങ്ങനെ കേൾക്കണു ലഡു ജലേപി വായസം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടു എന്ന് അർത്ഥമുണ്ട് കാരണം ഞങ്ങൾ നമുക്ക് മനസ്സിലാവണ കാര്യമാണ് ഇതിപ്പോ അതൊന്നും അല്ലാതൊന്ന് പറഞ്ഞിട്ട് എങ്ങനെ കേൾക്കണു അപ്പൊ അതൊന്നുമല്ലാത്തൊരു സാധനം എന്റെ ഉള്ളിലുണ്ട് അതാണ് കേൾക്കണതേ അപ്പൊ സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതഃശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി ഈ ശ്ലോകത്തിന് ശരിക്കറിഞ്ഞാൽ ബസ്സിൽ പോവുകയുള്ളൂ ഓഫീസിലേക്ക് പോവുകയോ പട്ടണത്തിലിറങ്ങി നടക്കുകയോ എവിടെ നോക്കിയാലും എത്ര എത്ര മനോയാതി തത്ര തത്ര സമാധയ മനസ്സെവിടെ പോയാലും ഏതിൽ ചെന്ന് ലഗ്നമായാലും ഭഗവാൻ ആ കണ്ണിലൂടെ നോക്കണം ഭഗവാൻ ചെവിയിലൂടെ കേൾക്കുന്നു ഭഗവാൻ അനേക കൈകാലുകളോടുകൂടെ സഞ്ചരിക്കുന്നു ഒരേ ഒരു വിരാട് ചൈതന്യമാണ് അനേക നാമരൂപങ്ങളിലൂടെ മുമ്പിൽ വിസ്തരിച്ച് കാണപ്പെടുന്നത് ഭാവം ധ്യാനം അകമയ്ക്കുണ്ടാവും അപ്പൊ നമുക്ക് തോന്നും ഇതൊക്കെ ശരി പക്ഷെ ആ അടുത്ത വീട്ടുകാരന്റെ പെരുമാറ്റം കണ്ടാൽ അത് സാത്താനാണെന്നേ വിശ്വസിക്കാൻ പറ്റുള്ളൂ എങ്ങനെ ഭഗവാനാണെന്ന് വിശ്വസിക്കും അവൻ പെരുമാറേണ്ടത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് അവനെ അറിയില്ല എനിക്കറിയാലോ അവന്റെ ഒരു നോട്ടം കഴിഞ്ഞ വർഷം ഞങ്ങളുടെ അവിടെ മാവിൽ ധാരാളം വാങ്ങേണ്ടതായാണ് നോക്കിയിട്ട് എത്ര മാവാമെന്ന് പറഞ്ഞു ഒക്കെ പോയി അന്റെ കണ്ണിലൂടെ ഭഗവാനാണ് നോക്കണതെന്ന് എങ്ങനെ പറയാൻ പറ്റും അതാണ് അടുത്ത ശ്ലോകം സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃക്ഷ निर्गुणं उपाधिपाणिपादादिंद्रियापणा तदत्ताशंकाभूत श्लोकारंभे उपाधति सत्योपिचे सत्य दोष शादिया श्लोकमें ഒരുത്തൻ പെരുമാറുന്നു അത് അവനല്ല അവന്റെ ഇന്ദ്രിയങ്ങളിലും മനസ്സിലുള്ള ദൂഷ്യത്തിനെയാണ് നീ കാണുന്നത് അതെന്തിന് നീ കാണണം ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ദൂഷ്യണ്ട് ഇല്ലാന്ന് പറയണല്ലല്ലോ നാടകത്തിലൊരാള് രാവണനായിട്ട് നടിക്കുന്നു അയാള് പക്ഷെ നാടകം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ രാവണനൊന്നും അല്ലേ അയാള് രാവണനായിട്ട് നടിക്കുന്നത് കൊണ്ട് ദൂഷ്യമൊക്കെ അയാളിൽ ഉണ്ടോന്നയ്യോ അല്ലെറി വിളിക്കണോ അവിടെ സംസനായിട്ടും ഹിരണ്യകശുവായിട്ടുമൊക്കെ അത് അയാളുടെ ദൃശ്യമാണോ ഒരാള് ഹിരണ്യകശിവായ അലറി വിളിച്ചു നരസിംഹാവതാരം നാടകം നടക്കാണ് പ്രഹ്ലാദനെ ശൂലം കൊണ്ട് കുത്തു നളയുടെ മേലൊന്ന് ഉരുട്ടിയിടൂ വിഷം കൊടുക്കൂ എന്ന് കുറഞ്ഞ നാടകത്തിൽ നിലവിളിക്കാണ് ചില ഭക്തന്മാരൊക്കെ മുമ്പിലിരിക്കണ്ടേ അവർക്കങ്ങോട്ട് ആ ഹിരണ്യകശുവിനോടുള്ള ദേഷ്യം വെറുപ്പം സഹിക്കുകയാ വിട്ടാ പോയി തല്ലികളയും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് നാടകത്തിൽ ഒരിടത്ത് നാടകം ദ്രൗപതി വസ്ത്രാക്ഷേപം നടന്നു ദുശാസനന് നല്ല അടികിട്ടി ഒരാൾക്ക് വികാരം വന്നുപേ സ്റ്റേജിൽ കയറിയിട്ട് ദുശാസനെ പിടിച്ച് നല്ല പൂരിശ് കുരിശ് സിനിമ മാതൃയല്ലല്ലോ അപ്പൊ സൂക്ഷിക്കണം അപ്പൊ ഇരണ്യകശിപു ഇങ്ങനെ വികാരപ്പെട്ട് നെൽവിളിക്കാണ് അപ്പൊ ആളുകളൊക്കെ ആ ഇരണ്യകശിപുവിനെ ഇനിയൊരു ശാപം കൊടുക്കാനില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നരസിംഹാവതാരം ഈ തൂണിലുണ്ടോ തൂണിലുണ്ടോ എന്ന് എന്നാ തൂണടിക്കാൻ പോകുന്നു കയ്യൊക്കെ ചുരുട്ടി തൂണടിച്ചതും നരസിംഹസ്വാമി ഗംഭീരമായി വേഷം കെട്ടി അതിനകത്ത് നരസിംഹം വന്നതും ഹിരണ്യകശിപ്പുവാളുമാറി ഗതയൊക്കെ ചോട്ടിലുട്ടു വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു ലക്ഷ്മി നരസിംഹം അമദേഹി കലാവലംബം അദ്ദേഹം വേഷം മറന്നുപോയേ ഭക്തൻ പരമഭക്തനാണ് നാടകത്തിൽ നടിക്കേണ്ടതൊക്കെ അദ്ദേഹം മറന്നുപോയി വേഷത്തിന്റെ കാര്യമൊക്കെ മറന്നുപോയി മുമ്പിൽ നിന്നിട്ട് ശ്രീമത് പയോനിതിനികേതനചക്വാണി ഭീന്ദ്രഭോഗമണിരഞ്ജിത പുണ്യമൂർത്തി യോഗേശാശ്വത ശരണ്യഭവാധിബോധ ലക്ഷ്മി നൃസിംഹ മമദേഹി കരാവലംബം എല്ലാരും വേഷം കിട്ടിയിരിക്കുകയാണ് ഈശജീവയോ വേഷധീപിത സത്സ്വഭാവത്തു കേലം വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപത ഈശ്വരനും ജീവനും വേഷത്തിലാണ് വ്യത്യാസം വേഷം അഴിച്ചു മാറ്റിയാൽ ജീവനില്ല അവിടെ ജീവൻ അവിദ്യാവേഷം കെട്ടിയിരിക്കുകയാണ് ശരീരത്തിന്റെയും ഇന്ദ്രിയത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ആരോപിച്ചിട്ട് ഞാൻ ഈ കൊച്ചു ജീവനാണെന്ന് ധരിച്ച് അഖണ്ഡ സാമ്രാജ്യത്തിനെ വിട്ടിട്ട് അല്പത്തിൽ ലഗ്നനായിട്ടിരിക്കുക ുഖമസ്തി ഭൂമാവൈ സുഖം എന്നറിയുന്നവരെ ഈ ജീവൻ ജീവനായിട്ടിരിക്കും അപ്പോ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയൊക്കെ സ്വഭാവം അംഗീകരിച്ച് രണ്യകശിപുവായിട്ടോ രാവണന അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് നമ്മളുടെ പുരാണങ്ങളിൽ വില്ലന്മാരില്ല ഭാഗവതത്തിൽ രണ്യകശിപു ഒന്നും വില്ലനല്ല അവർക്ക് അധ്യാത്മജ്ഞാനവും ഉണ്ട് ഇരണ്യാക്ഷൻ ആത്മതത്വമാണ് ഉപദേശിക്കുന്നത് കരയണ്ട ആത്മാവിന് ജനനം മരണമൊന്നുമില്ല ഇതറിഞ്ഞാൽ നിങ്ങൾ എന്തിനു കരയും എങ്ങനെ ഇരണ്യകേശ് ഇത് പറയണു കാരണം അദ്ദേഹത്തിന് ഇനി രണ്ട് ജന്മമേ ഉള്ളൂ കഴിഞ്ഞ അവിടെ എത്തി ഇപ്പൊ വന്നിരിക്കണതും ജ്ഞാനത്തിന്റെ സോഴ്സ് എന്നാണ് എളുപ്പത്തിന് പോവാൻ വേണ്ടി വെറുപ്പിനെ അംഗീകരിച്ചിരിക്കുകയാണ് അത്രേ ഉള്ളൂ ഭാഗവതത്തിന്റെ തന്നെ സിദ്ധാന്തമാണ് സാമാന്യപ്പെട്ട ആളുകളൊന്നുമല്ല രാവണനെ കണ്ടിട്ട് ആഞ്ജനേയസ്വാമി പറയുന്നുണ്ട് സുന്ദരകാന്ഡത്തിൽ അഹോ തേജഹ അഹോ എന്തൊരു തേജസ് ആണെന്നാണ് ഇയാളിൽ അധർമ്മം മാത്രമില്ലായിരുന്നുവെങ്കിൽ ഇയാൾ ഇന്ദ്രനെ പോലെ പോലും ഭരിക്കുന്നവനാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ രാവണനോട് വില്ലനൊന്നുമല്ല നെഗറ്റീവായിട്ടുള്ള ഒരാളുമില്ല ഇവിടെ നെഗറ്റീവിറ്റി പുറത്തു മാത്രമേ ഉള്ളൂ വസ്തുവിനെ കാണാമെങ്കിൽ നല്ലത് ചീത്ത വിട്ടുകളയും നമ്മൾ ഹി യി ഭഗവാനേവസ്തുയത് സത്യേന അനേനനസ്സർവേ യാാന്തുനാശമുപദ്രവാഹ എന്ന് ഭാഗവതത്തിൽ നാരായണ കവചം ഇതാണ് നാരായണ കവചം എല്ലാം ഭഗവാനാണെന്ന് സത്യത്തിനെ അംഗീകരിക്കുന്നത് കൊണ്ട് നല്ലത് ചീത്ത എന്നുള്ള ശരീരത്തിന്റെയും മനസ്സിന്റെയും ഗുണങ്ങളെ തള്ളിക്കളഞ്ഞ ഉള്ളിലുള്ള സത്യത്തിനെ കാണുന്നത് നമുക്ക് പിന്നീട് ഒരു ദോഷവും വരില്ല അപ്പോഴാണ് നമ്മൾ കവചം ധരിച്ചത് ഒരാളെയും കാണുന്നില്ല നമ്മൾ വ്യക്തികളെ കാണുന്നേയില്ല ഒത്തിരി വിഷമം ഉണ്ടാവും ഇത് അഭ്യസിക്കാൻ പക്ഷെ അഭ്യസിക്കുമോറും ഗുണമുണ്ടാവും നമ്മളുടെ ഒക്കെ ദുഃഖത്തിന് കാരണം എന്താ അനേകം വ്യക്തികൾ ഉള്ളിൽ കടന്നിരിക്കുകയാണെ നമുക്ക് ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവരുടെ ഗുണങ്ങൾ നമ്മളെ ആകർഷിക്കുകയും ഇഷ്ടപ്പെടാത്തവരുടെ ദോഷം നമ്മളെ വിഷമിപ്പിക്കുകയും അവരെ കാണാതിരിക്കണമെന്നും അവരെ കണ്ടാൽ വെറുപ്പും അസൂയയും പലതും കൊണ്ട് നമ്മൾ മനസ്സിന്റെ ചാഞ്ചല്യത്തിന് കാരണം പതുക്കെ തീരുമാനിക്കുക ഇവിടെ നല്ലതുമില്ല ചീത്തയുമില്ല ലോകവത്വലീലാ കൈവല്യം ഒരേ ഭഗവാൻ അനേക നാമരൂപങ്ങളിൽ കളിക്കുകയാണ് ഇനി മേലാൽ ഞാൻ എല്ലാത്തിലും ഭഗവാനെ കണ്ട് ആനന്ദിക്കും എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ അതിന് ഗുണദോഷങ്ങളെ നീക്കാമെങ്കിൽ ചിത്രത്തിനെ ശാന്തിയിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ഈ ശ്ലോകമൊക്കെ നമുക്ക് പ്രയോജനപ്പെടും സർവേന്ദ്രിയ ഗുണാഭാസം എല്ലാവരുടെ ഇന്ദ്രിയത്തിലൂടെയും അവരുടെ സത്വർജസ്തമോ ഗുണങ്ങളിലൂടെയും നാരായണൻ വേഷം കെട്ടി കളിക്കുക അതിന് എല്ലാരെയും അടുത്തുപോയി പഴകമൊന്നും വേണ്ട അപ്പൊ പിന്നീ നമ്മൾ മനസ്സിന് ഉപയോഗിക്കുന്നു ഇതൊക്കെ തെറ്റിദ്ധാരണയാണ് എല്ലാവരും നാരായണനാണെങ്കിൽ ആ നാരായണനെ പോയി നാളെ പോയി നമസ്കരിക്കണം അദ്ദേഹത്തിനടുത്തുപോയി വർത്തമാനം പറയണം ഇനി ഞങ്ങൾ തമ്മിലുള്ള കോപം പോകണം എന്ന് അധികമാവും ചിലരൊക്കെ അങ്ങനെയൊക്കെ ശ്രമിക്കും എല്ലാവരും ഭഗവാനാണ് അതുകൊണ്ട് അടുത്ത വീട്ടുകാരനോടുള്ള ശണ്ടൊക്കെ അവസാനിപ്പിക്കണം അയാൾ ധരിച്ചിട്ടില്ലേ ഞാനും മനസ്സും കൊണ്ടാണ് പോകുന്നത് എന്റെ ഉള്ളിൽ വാസനയൊക്കെ ഉണ്ട് അയാളും നാരായണനാണ് നമ്മൾ കൊന്നാണ് വരൂ എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയും ഉള്ളുകൊണ്ട് പിന്നെ ആകെ പാഠം ആദ്യം ഈ ഫിലോസഫി ഒന്നും ഈ ഫിലോസഫി എന്തിനാന്ന് വെച്ചാൽ അയാളെ എന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാനാണ് ഉപയോഗിക്കേണ്ടത് ഏതേത് വസ്തുക്കൾ എന്റെ മനസ്സിൽ രാഗദ്വേഷ സ്ഥാനം പിടിക്കുന്നില്ലയോ അതൊക്കെ ഭഗവാനാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സിൽ വരാത്തതൊക്കെ ഭഗവത് സ്വരൂപമാണ് മനസ്സിൽ ഒന്നും വന്നില്ലെങ്കിലോ മനസ്സേ ഉണ്ടാവില്ല അപ്പൊ എന്താവും ഭഗവാനെ ഉണ്ടാവുകയുള്ളൂ മനസ്സില്ലാത്തടത്ത് ഭഗവത് തത്വം പ്രകാശിക്കും മനസ്സിന്റെ രാഗദ്വേഷങ്ങളോടുള്ള സംഘത്തിനെ ഉപേക്ഷിക്കാൻ ഉള്ള പല മാർഗങ്ങളിൽ ഒരു മാർഗമാണിത് ജ്ഞാനിയുടെ ദർശനം നമുക്ക് സാധനയായിട്ട് തീരുന്നു ജ്ഞാനിയുടെ ദർശനം എന്താ അയാൾ സഹജമായിട്ട് തന്നെ ഉള്ളിൽ ആത്മദർശനം നേടിയവൻ എല്ലായിടത്തും എല്ലാത്തിലും ഭഗവാനെ കാണുന്നു എല്ലാരിലും ഇന്ദ്രിയങ്ങളിലും ഗുണങ്ങളിലുമൊക്കെ പുറകിൽ അവനുണ്ട് സർവ അസക്തം സർവപരിച്ചൈവ നിർഗുണം ഗുണഭോക്തൃച്ച് എല്ലാവരുടെ ഉള്ളിലുണ്ട് പക്ഷെ അസക്തൻ ഒട്ടാകെ നിൽക്കുന്നു ദുഷ്ടന്മാരിലും നന്മ കാണും നല്ലവരിലും ചീത്ത കാണും നല്ലവരെപ്പോ ചീത്തയാവും വെച്ചാൽ അവര് ശരീര മനസ്സ് അഹങ്കാരങ്ങളോട് പറ്റിക്കൊടുമ്പോ നല്ലവര് ചീത്തയാവും ദുഷ്ടന്മാരെ ഇടയ്ക്കൊക്കെ അതൊന്ന് പിരിയുമ്പോ നല്ലവരാവും അതാണ് കംസൻ പോലും വസുദേവർ ആദ്യത്തെ കുട്ടിയെ കൊണ്ടുപോയപ്പോ സാരൂല്ലേ പാവം കൊച്ചു കുഞ്ഞെടുത്തോണ്ട് പോകൂ എന്ന് പറഞ്ഞത് പട്ടതിരി പറഞ്ഞു ദുഷ്ടാനാമപിദേവ പുഷ്ടകരുണ ദുഷ്ടാഹിധി ഏകത എങ്ങനെ ഇരിക്കുമ്പോ ദുഷ്ടന്മാരും ഒക്കെ നല്ലവരാകും ആ ആയതെ എങ്ങനെയാന്ന് വെച്ചാൽ അവര് കഴിയുന്നതും ദുഷ്ടതയ്ക്ക് പരിശ്രമിച്ചിട്ടും അവരുടെ ഉള്ളിലുള്ള നന്മ ഇട വരികയാണ് ഇൻസ്പൈറ്റ് ഓഫ് ദം എന്ന് നന്മ എല്ലാവരുടെ ഉള്ളിലുണ്ട് ദുഷ്ടത എല്ലാവരുടെ ഉള്ളിലില്ല ദുഷ്ടത അജ്ഞാനം കൊണ്ട് ശരീര മനസ്സുകളെ താനെന്ന് അംഗീകരിക്കുന്നത് വന്നതാണ് ശിഷ്ടത ഇത് വിട്ടുപോകുമ്പോ വരുന്നതാണ് അതുകൊണ്ട് സഹജമാണ് ശിഷ്ടത എല്ലാരിലും ഉള്ളിലും എന്തൊക്കെ കള്ളനും കൊള്ളക്കാരനുമാണെങ്കിലും അയാളിലും അസക്തമായ ഒരു വസ്തുവുണ്ട് അതിനോടൊന്നും അതിന് സംഗമില്ല അയാളുടെ ദുഷ്ടതകളൊക്കെ അയാളുടെ മനസ്സിലും ശരീരത്തിലും മാത്രമേ ഉള്ളൂ അയാളിലില്ല അയാൾക്കും അപ്പോഴേ പറഞ്ഞ പോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ ദുഷ്ടതയൊക്കെ പോയി സ്തേനഹ അസ്തേനോ ഭവതി ഭ്രൂണഹ അഭ്രൂണാ ഭവതി ഭ്രൂണ ന സ്തേനഹ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഉറങ്ങിക്കഴിയുമ്പോ മനസ്സ് പോയാൽ അയാൾ കള്ളനുമല്ല ഭ്രൂണഹത്യ ചെയ്തവനുമല്ല മഹാപാതകിയുമല്ല ഒന്നുമല്ല മനസ്സുദിക്കുമ്പോ എല്ലാം ഉദിക്കുന്നു അപ്പൊ എല്ലാം മനസ്സിന്റെ മണ്ഡലത്തിലാണ് അപ്പൊ നമുക്കിതൊക്കെ പറയണത് എന്തിനാണെന്ന് വെച്ചാൽ വെറുക്കാൻ ആരുമില്ല ലോകത്തില് പ്രത്യേകിച്ച് ആസക്തി വെക്കാനും ആളുകളില്ല എല്ലാം വിശ്വം വിഷ്ണു വിശ്വസ്മൈ നമ എന്ന് അംഗീകരിച്ച് ഉള്ളിലും പുറത്തും ആകാശവതന്തരം ബഹി ഭൂതേഷു സന്തം എന്ന് ഭാഗവതം ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്ന ആ സർവേശ്വരനെ നാരായണനെ ജ്ഞേയം അറിയപ്പെടേണ്ട വസ്തുവായിട്ട് ഭഗവാൻ പറയാണ് അടുത്ത ശ്ലോകം നോക്കാം ബഹിരന്തശൂത നിർഗുണം ഗുണാവാസം സർവേന്ദ്രിയ വിവർജിതം എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കണ്ടാൽ ഓപ്പോസിറ്റാണെന്ന് തോന്നുന്നു എല്ലാ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെ ദൂഷ്യങ്ങളും നന്മകളിലൂടെയും ആ ചൈതന്യം ഓരോരുത്തരും പ്രകാശിക്കുന്നു അത് ഗുണങ്ങളുമായി സമ്പർക്കമേയില്ലാത്തതാണ് സത്വരജസ്തമ ഗുണങ്ങൾ അതിനെ തൊടുന്നില്ല എന്നാലോ ഗുണങ്ങളിലൂടെ അത് അനുഭവിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അഹങ്കാരത്തിനേയും വെച്ചുകൊണ്ട് നോക്കിയാൽ അത് സർവേന്ദ്രിയ ഗുണാഭാസമാണ് നമ്മള് സർവേന്ദ്രിയങ്ങൾക്കും അപ്പുറം പോയി ജ്ഞാനത്തിൽ നിന്ന് നോക്കിയാൽ അത് സർവേന്ദ്രിയ വിവർജിതമാണ് നമ്മള് അസക്തമായിരുന്നു നോക്കിയാൽ അത് അസക്തമാണ് ഒന്നിലും ഓട്ടണലാണ് നമ്മൾ ശക്തമാവുമ്പോൾ അതെല്ലാത്തിലും ഓട്ടി നിൽക്കുന്ന വസ്തുവാണ് എല്ലാത്തിനെയും ഭരിക്കുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നോക്കാം അപ്പൊ ഈ പറഞ്ഞത് തന്നെ തെളിയണമെങ്കിൽ നമ്മൾ രണ്ടു വിധത്തിൽ നോക്കിയാലേ തെളിയുള്ളൂ അല്ലെങ്കിൽ എന്തോ പറയണു പക്ഷെ എനിക്കറിയാം അധികം പേർക്കും അങ്ങനെയുള്ള ചിന്തയും ഇല്ല നിശ്ചലമാണോ അങ്ങനെയാണോ കേൾക്കേണ്ടത് അങ്ങനെ കേട്ടാൽ നമുക്ക് എപ്പോഴോ തെളിയും ചിലർക്ക് നല്ലവണ്ണം വിചാരം ചെയ്തിട്ടുള്ളവർക്ക് കേൾക്കുമ്പോ തന്നെ തെളിയുകയും ചെയ്യും വളരെ ലളിതമാണ് വളരെ വിഷമാണ് വളരെ ലളിതമാണ് കാരണം എന്താ സത്യം പച്ചക്കിരിക്കണു മനസ്സിന് പിടികിട്ടില്ല വളരെ വിഷമാണ് മനസ്സുകൊണ്ട് എത്ര ശ്രമിച്ചാലും കിട്ടില്ല ഇൻസൈറ്റ് എന്ന് പറയുന്നത് അതാണ് ഇന്യൂഷൻ മനസ്സിന്റെ പ്രക്രിയ ഇല്ലാതെ വേണം ഈ വസ്തുവിനെ പിടിച്ചെടുക്കാൻ വളരെ സൂക്ഷ്മമാണ് ശ്രദ്ധിച്ചാൽ പിടികിട്ടും ഹോംവർക്ക് പോലെ എഴുതിയെടുത്തിട്ട് വീട്ടിൽ പോയിട്ടിരുന്ന് ചിന്തിച്ചാൽ ഒന്നും പിടികിട്ടില്ല ചുമര് നോക്കുക പൊരയിടം നോക്കുക അതൊക്കെ പറ്റുള്ളൂ വെച്ചുകൊണ്ട് പേനയും വെച്ചുകൊണ്ട് റൂഫിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാം പല്ലി പോണത് പല്ലിയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും ഗൗളിശാസ്ത്രം പഠിങ്ങിട്ടാം ചിന്തിച്ചിട്ട് ഇതൊന്നും കിട്ടില്ല ചിന്താ ദഹതി ജീവിതം ചിന്ത ദഹിപ്പിക്കുന്നതാണ് അപ്പൊ സത്സംഗത്തിൽ കേൾക്കുമ്പോ അപ്പത്തന്നെ സ്വീകരിക്കാം ബഹിരന്തശൂത ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്നു പിന്നെന്താ കാണുന്നത് സൂക്ഷ്മേയം വളരെ സൂക്ഷ്മമായതുകൊണ്ട് അറിയപ്പെടുന്നില്ല അന്ന് പറഞ്ഞ പോലെ കുട്ടികൾ കുട്ടി ചോദിച്ചു കണക്ക് പഠിക്കാൻ പറഞ്ഞപ്പോ കുട്ടി പറഞ്ഞു ഞാൻ കണക്കൊന്നും പഠിക്കില്ല എന്ന് പറഞ്ഞു കണക്ക് പഠിക്കടാം കണക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നീ ലോകത്തിൽ എല്ലാവരോടും എങ്ങനെ വ്യവഹരിക്കും നിനക്ക് വ്യവഹരിക്കാൻ പറ്റുമോ എനിക്ക് പറ്റും എന്നാ കണക്കിൽ എന്റെ പേരെന്താണോന്ന് ചോദിക്കും നോക്കട്ടെ തോന്നണക്ക് പേര് ചോദിക്കാനുള്ളതാണോ അല്ലേ അതുപോലെ മൂക്ക് കൊണ്ട് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് മിണക്കാൻ പറ്റുമോ ഒരു ഇന്ദ്രിയം വേറെ ഒരു വ്യവഹാരത്തിന് പ്രയോജനപ്പെടുന്നില്ല അതേപോലെ ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വിഷയമായതിനെയേ സ്പർശിക്കാൻ പറ്റുള്ളൂ നമ്മൾ എന്ത് ചെയ്യണു ഇതേ സാധനത്തിന് അധ്യാത്മത്തിന് ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് കുറെ ഒക്കെ ഉണ്ടാവും എന്നല്ലാതെ സത്യമൊന്നും തെളിയില്ല സൂക്ഷ്മത് അവിജ്ഞേയം അതുകൊണ്ടാണ് അറിയപ്പെടാത്തത് ദൂരസ്ഥം വളരെ ദൂരത്തിലാണ് ഏറ്റവും ഏറ്റവും എടുത്തിരിക്കുന്നതാണ് ആര് ബഹിർദൃഷ്ടികളോ അവർക്ക് ദൂരത്തിലാണ് ആർക്ക് ശ്രദ്ധ അകമേക്ക് തിരിഞ്ഞു അവർക്ക് ഇത്ര അടുത്തോ ഇതിനാണ് ഞാനിപ്പോ ഇത്ര മെനക്കെട്ടത് ഇത്ര ജന്മങ്ങളായിട്ട് എവിടെയൊക്കെ അന്വേഷിച്ചു എത്ര സ്ഥലങ്ങളിലൊക്കെ ചെന്നു എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ അന്വേഷിച്ചു നോക്കി ദൂരസ്ഥം അന്തികേജത്ത് അത് എത്ര തീർത്ഥക്ഷേത്രങ്ങളെ എത്ര സ്ഥലങ്ങളിലേക്ക് പോയി ഇതം തീർത്ഥം ഇതം തീർത്ഥം ബ്രാഹ്മ്യന്തി താമസാജനാഹ സ്വാത്മതീർത്ഥം ജാനന്തി കഥം മോക്ഷം ശൃണുപ്രിയെ പരമേശ്വരൻ പാർവതി മടിയിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് ദേവിഭാഗവതത്തിൽ ഇതം തീർത്ഥം ഇതം തീർത്ഥം ബ്രാഹ്മ്യന്തി താമസാദനാഹ അവിടെ തീർത്ഥം ഇവിടെ തീർത്ഥം ആ ക്ഷേത്ര തീർത്ഥക്ഷേത്രം പോകുന്നു സ്വാത്മതീർത്ഥം ജാനന്തി ഉള്ളിലുള്ള സ്വാത്മതീർത്ഥത്തിനെ അറിയുന്നില്ല കഥം മോക്ഷ ശൃണുപ്രിയെ എവിടെ മോക്ഷം മോക്ഷത്തിനെവിടെ തന്നിലിരിക്കുന്ന തീർത്ഥത്തിനെ കാണണം തന്റെ ഉള്ളിലുള്ള തീർത്ഥത്തിനെ കാണണം അത് അറിയാനുള്ള വഴിയോ ശ്രദ്ധാചക്ഷുസാണ് അതിന് കണ്ണ് അത് കാണാനുള്ള കണ്ണ് ശ്രദ്ധയാകുന്ന കണ്ണ് തുറക്കണം അതിനാണ് ഉപനയനം എന്നു പേര് പൂണോല് അതിനൊരു വഴിയാണ് ഗായത്രി അതിനൊരു വഴിയാണ് ഉപനയനമാണ് ഗുരുവിന്റെ അടുത്തേക്ക് നയിക്കുക ബാഹ്യാർത്ഥം മാത്രമാണ് യഥാർത്ഥ അർത്ഥം രണ്ട് നയനം ഉണ്ടായിരുന്നിട്ട് സത്യത്തിനെ കാണുന്നില്ല അപ്പോ വേറെ ഒരു നയനം തരികയാണ് വേദമാവുന്ന കണ്ണ് അതുകൊണ്ട് ജ്ഞാനമാവുന്ന കണ്ണുള്ളിൽ തുറന്നാൽ തസ്യ യജ്ഞസൂത്രം ജ്ഞാനമേവ യജ്ഞസൂത്രം എന്ന ആചാര്യസ്വാമികളൊരിടത്ത് പറയുന്നുണ്ട് ജ്ഞാനമാവുന്ന കണ്ണുകൊണ്ട് ബോധമാവുന്ന വസ്തുവിനെ ഭഗവത് തത്വത്തിനെ ചൈതന്യത്തിന് സച്ചിദാനന്ദത്തിന് തന്നിൽ തന്നെ ഇരിക്കുന്നതായിട്ട് തന്റെ തന്നെ സ്വരൂപമായിട്ട് കാണുന്നു കണ്ടുകഴിയുമ്പോഴെന്താ അതല്ലാതെ വരൊന്നുമില്ല കാണുന്നതിന് മുമ്പോ അത് ഒരിടത്തും കാണാനില്ല ഇരണ്യകശിപ്പ് ചോദിക്കുന്നു എവിടെ എവിടെ എവിടെ ചോദിക്കുന്നു പ്രഹ്ലാദം വേണു അതല്ലാതെ വരവൊന്നും കാണാനില്ലല്ലോ എവിടെ എവിടെ പോയി എവിടെയാ സത്യം സത്യത്തിന് എവിടെ തെരയണം എവിടെ അന്വേഷിക്കണം ഭഗവാൻ എവിടെ ഭഗവാനെയെ കാണാനില്ല ജഗത്തെ ഭഗവാന്റെ സ്വരൂപമാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം വിശ്വസ്മൈനമാ ഒരേ ഒരു നാമം അല്ലെ വ്യാസന് എവിടെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുവോ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഹസ്രനാമം എഴുതി വെച്ചത് ഏതെങ്കിലും ഒരു നാമം മനനം ചെയ്താലേ ഇവർക്ക് എന്താ അനുഗ്രഹമുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ നമ്മളത് ഇങ്ങനെ എത്ര ജന്മങ്ങളായി തുടങ്ങിയിട്ട് കാണാതെ പഠിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ എങ്ങനെ പറയും അതിങ്ങനെ എക്സ്പ്രസ് പോണ പോലെ ഗുരുവാരപ്പന്റെ മുമ്പിൽ എഴുതി വിശ്വം വിഷ്ണു വിശ്വക്കാരോ ബുധപ്രഭു പ്രഭു ബുധ ഭാവോ ഭൂതാത്മാവഭവനാ ഭൂതാത്മാവരമാത്മാ രോ ഇങ്ങനെ കൊറേ ദിവസം പറഞ്ഞിട്ട് എന്തേ കാര്യം നടന്നില്ലെങ്കിൽ ഇത്ര കാലം പറഞ്ഞു എന്നിട്ട് പിതാണോ കിട്ടിയത് ഇനി നാളെ തൊട്ട് വിഷ്ണു സഹസണമില്ല അപ്പൊ ഗുരുവായൂരിപ്പം പറഞ്ഞു താങ്ക് യു വെരി രാവിലെ എണീറ്റ് ഈ ഒരു ബോറടി കാട്ടിട്ട് മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിശ്വസ്മൈനമാ ഒരേ ഒരു നാളും പോലെ വിശ്വം തന്നെ ആദ്യോ അവതാരേ ഭഗവാന്റെ അവതാരകാലം കൃഷ്ണാവതാരം ഉണ്ടായി രാമാവതാരം ഉണ്ടായൊന്നും വേണ്ട ഇത് അവതാരമാണ് ഭഗവാന്റെ ഈ അവതാരം മനസ്സിലാവാത്ത ആള് കൃഷ്ണനെയും രാമന്റെയും കാലത്തിലൊക്കെ നമ്മളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കാരണം നമ്മൾ ഈ ഏടാകൂടം തുടങ്ങിയിട്ട് കുറെ കാലമായി അതുകൊണ്ട് നമ്മളൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നുണ്ട് കൃഷ്ണനെയും കണ്ടിട്ടുണ്ട് രാമനെയും കണ്ടിട്ട് ശങ്കരാചാര്യരെയും കണ്ടുണ്ട് വ്യാസനെയും കണ്ടിട്ട് ആ ജന്മത്തിലൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് കസേരയിലും സ്റ്റേജിലും ഒക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് അവരെയൊക്കെ മുമ്പിൽ കണ്ടിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുന്നൊന്നും കണക്കാക്കണ്ട പ്രത്യക്ഷമായിട്ട് ഭഗവാൻ വിശ്വത്തിന്റെ രൂപം മുമ്പിൽ ഇരിക്കുന്നുണ്ട് കാണാൻ പറ്റണ്ടല്ലോ ആകാശം ഭഗവാന്റെ അവതാരമാണ് വായു ഭഗവാന്റെ അവതാരമാണ് അഗ്നി ഭഗവാന്റെ അവതാരമാണ് ജലം ഭഗവാന്റെ അവതാരമാണ് പൃഥ്വി ഭഗവാന്റെ അവതാരമാണ് നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും പറഞ്ഞുകൊണ്ടിരിക്കും ഓക്സിജനാണ് സ്പേസ് ആണ് അതിൽ യാത്ര ചെയ്യണം അതിൽ റോക്കറ്റ് വിടണം അവിടെ പോയിട്ട് ഗ്രഹങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കണം അന്തരീക്ഷത്തിൽ എന്തുണ്ടെന്ന് നോക്കണം മഴ വരാത്ത ദിവസം മഴ വരുമെന്ന് പ്രഡിക്ട് ചെയ്യണം മഴ വരുന്ന ദിവസം മഴയേ വരില്ല എന്ന് പറയണം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ ലീലയുടെ ഒരു ഭാഗമായി കോമാളിവേഷം കെട്ടി വിശ്വത്തിനുള്ളിൽ നടക്കണം വിശ്വസ്മൈനമാ വിശ്വം തന്നെ ഭഗവത് സ്വരൂപമാണ് ജഗത് മുഴുവൻ ഭഗവത് സ്വരൂപമാണ് ജഗതാകാരേണ ഭഗവാൻ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോ ഇനി എവിടെ പോയി തരയും പക്ഷെ ശ്രദ്ധിക്കാനുള്ള കണ്ണു വേണമല്ലോ ആ കണ്ണു വേണം ആ കണ്ണിനാണ് ഭഗവാനോട് പ്രാർത്ഥിക്കണം ദിവ്യം ദദാമിതേ ചുഹൂ പശ്യമേ യോഗമൈശ്വരം എന്ന് ഭഗവാൻ ആ ദിവ്യ ചുസ് തന്നാൽ നമുക്ക് ഭഗവാനെ എല്ലാവരുടെ ഹൃദയത്തിലുള്ള വസ്തുവായിട്ടും പ്രിയമേ സ്വരൂപമായ വസ്തുവായിട്ടും ശാന്തിയേ സ്വരൂപമായ വസ്തുവായിട്ടും കാരുണ്യമേ സ്വരൂപമായ വസ്തുവായിട്ടും എങ്ങും നിറഞ്ഞിരിക്കുന്നതായിട്ടും ഒന്നും അന്വേഷിച്ച് മെനക്കിടുന്ന വസ്തു ഒന്നുമല്ല ഭക്തി നിത്യനിരന്തരമാണ് ബഹിരന്തശ്ചൂതാടാം മകരം ധരമേവച്ച് മനസ്സുപയോഗിച്ച് തേടുമ്പോ ദൂരസ്ഥം ഒരിടത്തും കാണാനില്ല മനസ്സിനപ്പുറം പോയവനോ അന്തികേച്ചത് കൃപയെ കണ്ടെത്തിയവന് കൃപാവിലാസം ഉണ്ടായവന് ഭഗവത്കൃപയ്ക്ക് പാത്രമായവന് സദ്ഗുരു കൃപയ്ക്ക് പാത്രമായവന് അതാണ് ഗുരുകൃപ അഞ്ജന പായോ മേരെ ബായി എന്ന് കബീറിന്റെ ഒരു ദോഹയുണ്ട് പലരും പാട്ടുപാടുന്നുണ്ട് അതൊക്കെ ഗുരുകൃപ അഞ്ജന പായോ മേരെ ബാഹി ഗുരുകൃപ അഞ്ജനം കണ്ണിലെഴുതിയാൽ ചക്ഷുറിയതാ അഞ്ജനസമ്പ്രയുക്തം എന്ന് ഭാഗവതം തന്നെ കബീറിന്റെ പാട്ടിലേക്കൊന്നും പോണ്ട തഥാപശ്യതി വസ്തുസൂക്ഷ്മം ചുറിയത അഞ്ജനസംപ്രയുക്തം സൂക്ഷ്മമായ വസ്തുവിനെ കാണുന്നു എങ്ങനെ അഞ്ജനം എഴുതിയ ആള് മണ്ണിലിരിക്കുന്ന ഒളിച്ചുവെച്ച നിധിയൊക്കെ കാണുന്ന പോലെ ഇവിടെ ജ്ഞാനമാവുന്ന അഞ്ജനം ഗുരുകൃപയാവുന്ന അഞ്ജനം ധരിച്ചവന് തഥാപശ്യതി വസ്തുസൂക്ഷ്മം ചക്ഷുറിയത അഞ്ജനസംപ്രയുക്തം സൂക്ഷ്മമായ വസ്തുവിനെ കാണുന്നു കാണുമ്പോഴോ ബഹിരന്തശ്വഭൂതാനാം ഉള്ളിലും പുറത്തും അച്ചരം ചരമേവച് അച്ഛരം എന്താണ് നിശ്ചലമായ രണ്ട് ആസ്പെക്ടിലാണ് സാക്ഷാത്കാരം ആദ്യം എനിക്ക് അച്ഛരമായ വസ്തുവിനെ കാണാനില്ല സത്സംഗത്തിൽ പ്രവേശിക്കുകയും ശ്രവണം ചെയ്യുകയൊക്കെ ചെയ്ത് മനസ്സന്തർമുഖമാവുകയും ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണെന്ന് അന്വേഷിക്കുമ്പോ ദേഹം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല ഇതൊക്കെ തള്ളിക്കഴിയുമ്പോൾ ഒരാവരണം ഒരു ഉറക്കം ഒരു നിദ്രയുടെ ഒരു ആവരണം ഒരു മറവ് വരുന്നു ആ മറവും ഞാനല്ല ഇതിനൊക്കെ നിൽക്കുന്ന ഒരു സാക്ഷി അറിവ് സച്ചിദാനന്ദം നിശ്ചലമായ വസ്തു എന്ന് കാണുകയും ആ നിശ്ചലത്തിൽ വീണ്ടും വീണ്ടും ശ്രദ്ധ പതിയുകയും ചെയ്ത് അതാണ് നിശ്ചല തത്വം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞത് ആ നിശ്ചലത്തിനെ അകമേ കാണുന്നു ആ നിശ്ചലത്തിനെ അഴുമെ കണ്ടിട്ട് ഉണരുമ്പോ ആ നിശ്ചലത്തിൽ നിന്ന് തന്നെ അനിർവചനീയമായ ഒരു ശക്തി പൊന്തി പ്രപഞ്ചമായും നമ്മളുടെ ശരീരമായും നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മളുടെ തന്നെ പ്രാരബ്ധവേഗമായിട്ടുമൊക്കെ നമ്മൾ തന്നെ കാണുന്നു നിശ്ചലത്തിനെ കാണുകയും ആ നിശ്ചലത്തിൽ നിന്നും പൊന്തി നമ്മളുടെ പ്രാരബ്ധേഗ രൂപത്തിൽ നമ്മളുടെ ശരീരത്തിനെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ട് നമുക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് പുറമേക്ക് നമ്മളുടെ ലോകത്തിനെ കാണിച്ചു ശക്തിയെ നമ്മളിൽ കാണുന്നു നിശ്ചലത്തിന്റെ അധിഷ്ഠാനത്തിന് അറിഞ്ഞ ആള് രാമകൃഷ്ണ പരമം സർ പറയണേ പോലെ ഇപ്പൊ തിരുവനന്തപുരത്ത് പട്ടണത്തിൽ വന്നാൽ ആദ്യം വരുന്ന വരുമ്പോ ആള് എന്ത് ചെയ്യും എവിടെയെങ്കിലും ലോഡ്ജ് എടുത്തു റൂം കണ്ടെത്തും കണ്ടെത്തിയിട്ട് തന്റെ ബാഗും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങിയിട്ട് മുണ്ടും കെട്ടി എടുത്തുകെട്ടി റോട്ടിലിറങ്ങി അങ്ങനെ നാട് കാണാൻ പോവാൻ അല്ലെ അതുപോലെ ഈ നിശ്ചലത്തിനെ ഉള്ളിൽ കണ്ട ശേഷം സചലമായ ആ ഡൈനാമിക് പവർ ആ സചലാ ശക്തി ഉണ്ടല്ലോ ആ ശക്തിയിലേക്ക് തന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് ഇനി അയാൾക്ക് പേടിയില്ല വെക്കേണ്ടടുത്ത് സാമാനം കൊണ്ട് വെച്ചിട്ട് നാട് കാണാൻ ഇറങ്ങിയ പോലെയാണ് ഇസ് ബസാറുമേ മുബീരുടെ ഒരു ദോഹയാണ് അദ്ദേഹം പറഞ്ഞു ഈ ബസാറിൽ എനിക്കൊന്നും വാങ്ങിക്കാനുമില്ല വിൽക്കാനുമില്ല അങ്ങാടിക്ക് പോയാലേ പച്ചക്കറിക്കൊക്കെ വില കൂടി എന്ന് കുറെ ആളുകൾ പറയണു മഹാൻ നഷ്ടമാണ് എന്ന് ഒരു പച്ചക്കറി കച്ചവടക്കാരൻ പറയണു അരിക്ക് വില കൂടി എന്ന് പറയണു അരി കച്ചവടക്കാരൻ ഒക്കെ നഷ്ട കച്ചവടമാണോ ഒക്കെ കേടുവെന്ന് പോകണമെന്ന് പറയണു വാങ്ങിക്കാൻ പോകുന്നവർക്ക് കംപ്ലയിന്റ് ഉണ്ട് വിൽക്കുന്നവർക്കും കംപ്ലയിന്റ് ഉണ്ട് ഇതിന്റെ നടുവിൽ ഒരാൾ വരണ്ടു എല്ലായിടത്തും നോക്കിക്കൊണ്ട് എല്ലാ അയാൾക്കൊന്നും വാങ്ങിക്കാനും വെറുതെ തെരുവ് വന്നതാണ് ബസാർ നെയ്യം മുസാഫേർ ഈ ബസാറിൽ ഞാനിങ്ങനെ നടക്കാൻ വരികയാണ് എനിക്കൊന്നും വാങ്ങിക്കാനുമില്ല കൊടുക്കാനുമില്ല ഞാൻ കാഴ്ചക്കാരനാണ് ക്യാക്യാ തമാശാഹോര ഹൊക്കെ തമാശ ആണ് ഇവിടെ മുഴുവൻ എന്താന്ന് വെച്ചാൽ വാങ്ങാനും വിൽക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോവാണ് അപ്പൊ ഈ അചരത്തിനെ കണ്ടിട്ട് ചരത്തിലേക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോ പുരുഷനെ കണ്ട് പ്രകൃതിയുടെ സ്വഭാവത്തിന് വിട്ടുകൊടുത്താൽ സ്വരൂപ സാക്ഷാത്കാരം നേടി സ്വധർമാനുഷ്ഠാനത്തിൽ യാതൊരു തടസ്സവും അവൻ പൂർണ്ണനാണ് അവന് സമഗ്രജ്ഞാനമുണ്ട് അവനിനി പ്രകൃതിയുടെ ദോഷങ്ങൾ അയാളിൽ ബാഹ്യമായി ബാധിക്കുമെങ്കിലും പ്രകൃതിയുടെ ദോഷം ഏൽക്കാത്ത ഒരിടം അയാൾ കണ്ടെത്തിക്കഴിഞ്ഞു എപ്പോ വേണമെങ്കിലും അയാൾക്ക് അവിടെ പോയിരിക്കാം അതുകൊണ്ടുതന്നെ പ്രകൃതിയുടെ ദോഷങ്ങൾ കൊണ്ട് അയാൾ വ്യാകുലനല്ല എന്നാൽ പ്രകൃതിയുടെ ദോഷങ്ങൾ ശരീരത്തിനെ അയാളുടെ ശരീരത്തിനെയും ബാധിക്കും അയാളുടെ മനസ്സിനെയും ബാധിക്കും അയാളുടെ ബുദ്ധിയെയും ബാധിക്കും പ്രകൃതിയിലൊക്കെ അതൊക്കെ ഉണ്ട് പക്ഷേ അയാൾ പ്രകൃതി സമ്പർക്കമില്ലാത്ത നിശ്ചലമായ ഒരു കേന്ദ്രത്തിനെ കണ്ടെത്തിയിട്ട് പ്രകൃതിയിൽ വന്ന് നിൽക്കുകയാണ് എപ്പോ വേണമെങ്കിൽ അങ്ങോട്ട് പോവാം എന്നുള്ള പാട്ടിൽ അങ്ങനെയാവുമ്പോ അയാൾക്ക് സൂക്ഷ്മമായ അറിയും അറിയേണ്ട വസ്തുവിനെ ജ്ഞേയത്തിനെ കണ്ടെത്തിയിട്ട് ജ്ഞാനത്തിലേക്ക് ആ സ്ഥിതി സർവതോഭദ്രമാണ് സർവതോഭദ്രമായ എല്ലാവിധത്തിലും സേഫായിട്ടുള്ള നേടേണ്ടത് നേടിയ ആളുടെ ഒരു റിലാക്സേഷൻ ഒരു വിശ്രാന്തി ഒരു പതർച്ചയില്ലായ്മ അതുകൊണ്ടാണ് നമ്മൾ അവരെ അറിയണതും ഒരു പതർച്ചയില്ലായ്മ ഒരു വിശ്രാന്തി ഒരു വ്യാകുലതയില്ലായ്മ ആ സ്ഥിതി ാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞനെന്നും ഗുണാതീതനെന്നും ജ്ഞാനിയെന്നും ഭക്തനെന്നും ഒക്കെ പറയണത് അതാണ് ഗീതയുടെ ലക്ഷ്യസ്ഥാനം തുടർന്ന് നാളെ കാണാം രാവിലെ നാളെ രാവിലെ നാരദഭക്തി സൂത്രം അഭേദാശ്രമത്തില് ഉള്ള പ്രഭാഷണം നാളത്തെ കൊണ്ട് അവിടെ അവസാനിക്കും ഞായറാഴ്ച രാവിലെ ഏഴര മണിക്ക് കാലടി ബോധാനന്ദാശ്രമം അവിടെ വെച്ചാണോ ഒരു പ്രഭാഷണം അത് ഏഴര മണിക്കാണോ അരുണാ ചല ശിവ അരുണാചല ശിവ അരുണാ ചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാ ചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാ ചല മേന ആഗമി അരുണാചല അഴക സുന്ദരം പോലകമും നീയുമുറ്റ ഭിന്നമായി അരുണാചലാം അകം പുകുന്ദീർത്തു അഗകുഹൈ ശരയായമർവിത്തതിൻ അഖിലം പഴിത്തിടും അരുണാചല ഇപ്പഴിത പുനയേ നിന പിത്ത ഇനി യാർ വിടുവർ അരുണാചലാ ഇഞ്ചു മന്നയിർ പെരിതരുൾ പുറിവോ ഇതുവോ പുനതരുളരുണാചലാം ഉനയേ മാറ്റി ഓടാതുള്ളത്തിൻൽ ഉരുതിയായിരു പായരുണാചലാ ൂർഷളം വീടാദൂനെ കണ്ടടങ്കീട ഉന്നഴകൈ കാട്ടരുണാചല അരുണാചല ശിവ അരുണ ചല ശിവ അരുണ ചല ശിവ അരുണാചല അരുണാ ശിവ അരുണാചല ശിവ അരുണാചല യോ മമാത്മാവസി മ തോ നമചിസ്തിയേഷ്ടം തത്മന ഭോവിനം ഗോവിന്ദ ഹരണമ പാർവതീപതേ ഹരഹര മഹാ